മനുഷ്യർ നന്മയെ ധൃതിപ്പെടുത്തുന്നതുപോലെ വാഹുസുബാനുഹുവ ചായാല അവർക്ക് തിന്മയെ ധൃതിപ്പെടുത്തിയിരുന്നെങ്കിൽ അവരുടെ ആയുസ് ഉടനെ അവസാനിച്ചേനെ അതിനാൽ ഞങ്ങളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ അവരുടെ ധിക്കാരത്തിൽ അന്ധമായി അലഞ്ഞുതിരിയുന്നവരായി നാം വിട്ടേക്കുന്നു